പെട്ടിക്കടല അഞ്ചു പൈസക്ക് മേടിക്കാൻ പോകുന്നവൻ നാണക്കെടുത്തല്ലേ മഹത്തായ സച്ചിദാനന്ദ സ്വരൂപന്റെ അടുക്കലെത്തിയാൽ ഈ കപ്പലൻ്റെയും കടലൊക്കെ വാങ്ങിച്ച ആരെങ്കിലും പിന്നോ പിടിയില്ല സച്ചിദാനന്ദ സ്വരൂപമായ കഴിവസന്നിധയിലെത്തി സച്ചിദാനന്ദം മാത്രേ കാന്നാൽ ഇതൊക്കെ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞാൽ ഇനി മുഴുവൊക്കെ നന്നായിട്ടറിയാം ഈ ഇത് അനുഭവിക്കാൻ ഇങ്ങോട്ട് വേണ്ട കാര്യമില്ല ഒന്ന് പാലി നോക്കാനോ ഒന്ന് ചെറിയാനോ ഒന്ന് കണ്ണിൽ കി കാണിക്കാനോ അമ്പലത്തിൽ പോണോ ബസ് സ്റ്റാൻഡിൽ പോയ പോരെ ചോദ്യം മനസ്സിലായില്ലേ ഇങ്ങനെ ഇറങ്ങി തിരിച്ചാൽ പിന്നെ ഇതൊക്കെ വളരെ നിസ്സാരം ഈ പ്രപഞ്ച വിന്യാസങ്ങളൊക്കെ അതിനിസ്സാരം ക്ഷുദ്രം തുച്ഛം അതൊക്കെ വെറുതെ ഇരുന്നാൽ കിട്ടുന്ന സാധനമാണ് വേണോ ആയിക്കോ ആവാം കുഴപ്പമൊന്നുമില്ല വേണ്ട എന്നില്ല പക്ഷെ വേണ്ട അതിന് വരും വിഷയലോകങ്ങളെല്ലാം അനുഭവപ്രധാനമാകണമെങ്കിൽ ഇങ്ങോട്ട് വരണം അങ്ങോട്ട് ചെല്ലരുത് മനസ്സിലായില്ല ചിന്യാമിഷിനു ചാപ്പാടൊക്കെ മേടിച്ചപ്പം അതിനകത്തേ ഒരു അച്ചാറ് തൊത്തമാക്കിയപ്പോ തോന്നി സൂപ്പറാണ് ഇപ്പോഴേ മനസ്സിൽ കുറിച്ചു വീട്ടിൽ ചെല്ലുമ്പോൾ പമ്പറങ്ങോട് പറഞ്ഞി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കാൻ അത് തന്നെ ഇവിടെ കൊടുക്കും നേരെയാവോ കാരണം നിർബന്ധിച്ചുണ്ടാക്കുന്ന നിർബന്ധിച്ചുണ്ടാക്കുന്ന ചങ്ങനെ ചെയ്ത ചന്ദ്രനായിട്ട് രാവിലെ രാത്രി കുടിച്ചപ്പം കൊഴുക്കട്ട ഉണ്ടാക്കി വെച്ചിരിക്കും കൊഴുക്കട്ട തോന്നി അമ്മയോട് പറഞ്ഞു അമ്മ അല്ല അവിടുത്തെ സഹോദരിയോട് പറഞ്ഞു അല്ലെങ്കിൽ ഭാര്യയോട് പറഞ്ഞു ആരോടെ പറഞ്ഞാൽ വെച്ചാൽ പറഞ്ഞു കൊഴുക്കട്ടെ ഉണ്ടാക്കി വേണം കൊഴുക്കട്ട വേണം എന്നല്ല ഉരുണ്ടിരിക്കുന്ന സാധനമാണ് അവൾ അരിയുണ്ട ഉണ്ടാക്കി അത് പറഞ്ഞു അരിയുണ്ട എല്ലാം പറഞ്ഞു പിന്നെ എന്തോ അടുത്ത സാധനം ഉണ്ടാക്കി അതും ഉരുണ്ടായിരിക്കുന്നത് അതുമെല്ലാം പറഞ്ഞു അവൾക്കാണ് അവൾ ഗോതമ്പുട്ട ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ ദേഷ്യൻ തയ്ക്കാവുന്ന പിരിച്ച് നാല് വെച്ചു ഇഡി കൊടുത്തപ്പോൾ അവളുടെ പുറമൊക്കെ ഇങ്ങനെ വന്നു അപ്പോൾ അവൾ പറഞ്ഞ് കൊഴുക്കട്ട പോലായല്ലോ നാ ഇതു തന്നെ ഉണ്ടാക്കി തരാനാണ് പറഞ്ഞതാണ് എന്ന് പറയുന്ന പോലെ നിർബന്ധിച്ചൊക്കെ ഉണ്ടാക്കിയാൽ അവസാനിക്കൊഴുക്കട്ടേക്ക് അത് ഏതൊക്കെ ഉണ്ടാവും മനസ്സിൽ സ്വച്ഛന്തമായിരിക്കണം ഈ പ്രപഞ്ചത്തിലെ ഏത് ഭൗതിക സുഖവും ശബ്ദസ്പർശ രൂപ രസഗന്ധാരിയായി അനുഭവിക്കുന്ന എന്തും തൃപ്തമാകണമെങ്കിൽ സ്വച്ഛന്തം വരണം മനസ്സിലായില്ല എതിർക്ഷയാ അപ്രാർത്ഥിതയാ ആഗ്രഹിച്ചിട്ട് ലഭിക്കുന്നതിനൊക്കെ സൂക്ഷ്മമായ ആഗ്രഹവും സ്ഥൂലമായ വസ്തു സൂക്ഷ്മമായ ആഗ്രഹത്തിന്റെ ഒപ്പമെത്താത്തത് അല്പം പോരായ്മ ബാക്കി കിടക്കും എന്നാലും ഒരു ശഹലവും കൂടെ ആകാമായിരുന്നു വരുന്നതിലൊക്കെ അവൻ ഉണ്ടാവും അതുകൊണ്ട് എഴുന്നേത് അവൻ വരുന്നു അവന്റെ അയാൾ മാത്രം കൂടെ ഇല്ല ബാക്കിയൊക്കെ ഉണ്ടായിട്ട് വല്ല കാര്യമാണ് വേണം അതുകൊണ്ട് ആ സച്ചിദാനന്ദ സ്വരൂപൻ ആ ജഗതീശ്വരൻ ജയിക്കാൻ അത് ജയിച്ചിന്റെ ഭാഗ്യമൊക്കെ പുച്ഛം വളരെ പുച്ഛം അതുകൊണ്ടാണ് പറഞ്ഞേ ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ വിനാവനപരായണ ജയിക്കുക ചിതാനന്ദ ദയാംഭോ ജയിക്കുക നിങ്ങൾ ഈ പോകുന്നതൊക്കെ കാസറ്റൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരുപാട് പുതിയ കീർത്തനങ്ങളൊക്കെ ഉണ്ടോ അവിടെ ഞാൻ ഇതുപോലെ ഒന്നും കണ്ടിട്ടുണ്ട് ഇപ്പൊ ഗദ്യം എഴുതി പദ്യം പോലെ പാടുന്ന ഒരുപാട് കീർത്തനങ്ങൾ കാണാം ഗദ്യത്തിൽ എഴുതുക എന്നിട്ടൊരു ട്യൂൺ കൊടുത്ത് പാടുക തൊട്ടവരൊക്കെ കീർത്തന എഴുതിയാണ് ഗോപാല രാമാകൃഷ്ണ ഗോവിന്ദ രാമാകൃഷ്ണ ഏത് പേര് പറഞ്ഞാലും ഭഗവാന്റെ പേരാണ് ഇങ്ങനെ തീരുവോളം ഒന്നര മണിക്കൂർ പറഞ്ഞു കഴിയുമ്പോൾ ഒരു കീർത്തനം പാടിയത് കൊച്ചു ഗോപാലൻ എഴുതിയത് വലിയ ഗോപാലൻ സംഗീതം നൽകിയത് അതേതെങ്കിലും പഴയ ഹിന്ദു സിനിമയുടെ ട്യൂണിലും ഇങ്ങനെ ഒരുപാട് കാസറ്റുകളുടെ കാലമാണ് ശരിയല്ല ഇതൊക്കെ ഒന്ന് നേരാൻ വന്ന് ആരെങ്കിലും പാടിക്കൊടുത്തിരുന്ന ജനം ചൊല്ലി നേരെയായതിനെ പറ്റിയില്ലെങ്കിൽ ചൊല്ലി പഠിച്ചെങ്കിലും ചൊല്ലി ഞാൻ എത്ര ഭംഗിയായിട്ട് കാര്യം പറഞ്ഞിരുന്നു ജയിക്കുക മഹാദേവനാവന പരാണ ജയിക്കുക ചിദാനന്ദ ദയാന്ധോ ജയിക്കുക അല്ലയോ മഹാദേവ അങ്ങ് വിജയിച്ചാലും സച്ചിദാനന്ദ സ്വരൂപിയായ ദൈവമേ അവിടുന്ന് വിജയിച്ചാലും ദുഃഖിക്കുന്നവരുടെ എല്ലാ ദുരിതങ്ങളെയും നീക്കി അവരെ രക്ഷിക്കുന്ന കാരുണ്യസ്വരൂപനായ അവിടുന്ന് ദീനാവന പരായണൻ കാരുണ്യക്കടൽ അവിടുന്ന് സർവോൽകർഷേണ വർത്തിച്ചാലും ഹേ ചിതാനന്ദ ജ്ഞാനമായിരിക്കുന്നവനെ അവിടുന്ന് ജയിച്ചാലും ദയാസിന്ധുവായിരിക്കുന്നവനെ കാരുണ്യക്കടലെ അവിടുന്ന് വിജയിച്ചാലും ഇവിടെ നിന്നും വ്യാഖ്യാനം വേണ്ടാൻ പോകും കാരണം നാരായണ ഗുരു പറഞ്ഞതിനെയൊക്കെ കൂടുതൽ വ്യാഖ്യാനിക്കാനൊന്നുമില്ല അത്രയും സൂപ്പറാണ് അവിടെ അത് ഹൃദയത്തിൽ തട്ടി വിളിച്ചാൽ ഹൃദയത്തിൽ തട്ടി വിളിക്കുന്നിടത്ത് ഭാഷ അപൂർണമാണ് അതിനെ വ്യാഖ്യാനിച്ചാൽ അത് അപരാധമാണ് അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ പോയിരുന്ന് നല്ലപോലെ ഹൃദയത്തിൽ തട്ടി വിളിക്കുക ദയാസിംഭവങ്ങളൊക്കെ എടുത്ത് വാക്കുകൊണ്ട് വ്യാഖ്യാനിച്ചിട്ട് കാര്യമൊന്നുമില്ല വിളിക്കാൻ മതി നല്ലവരെ ഉള്ളിൽ വിളിക്കുക ഉള്ളിൽ ഒരു വിളിയേ വിളിക്കാൻ കാരണം ദയാസിംഭു ഇനി വരും അതുപോലെ വിളിക്കണം കാണാവുന്ന പോലെ വിളിക്കണം അതിന് തത്സ്വരൂപ സാദൃശ്യം വരുത്തണം ഹൃദയത്തിന് സമന്മാർ തമ്മിലേ പൂജ്യ പൂജാവിധിയുള്ളൂ മനസ്സിലായില്ല തമന്മാർ തമ്മിലെ പൂജ്യ പൂജാവിധിയുള്ളു മനുഷ്യൻ ഈശ്വരനെ പൂജിച്ചിട്ട് യാതൊരു കാര്യമില്ല മനുഷ്യനല്ലാതായിട്ട് പൂജിച്ചാലേ പ്രയോജനമുള്ളൂ പൂജയുടെ ഫണ്ടമെന്റൽ തന്നെ അതാണ് അതുകൊണ്ടാണ് മനുഷ്യർ ചെല്ലുമ്പോ തുടരുതെന്നും മനുഷ്യനെ അകമിക്കണമെന്നൊക്കെ അമ്പലത്തിൽ പറയുന്നത് പൂജയ്ക്ക് മുമ്പ് നിങ്ങൾ മനുഷ്യനല്ലാതാവണം ആ പൂജാ സമയത്തേക്ക് അദ്ദേഹവും മനുഷ്യനല്ലാതായിട്ടാണ് അദ്ദേഹത്തിന്റെ സങ്കല്പ ലോകങ്ങളെ അപ്രാതി മന്ത്രങ്ങളെ കൊണ്ട് ഈ മാനവ ശരീരത്തെ ദഹിപ്പിച്ചു കളഞ്ഞു മന്ത്രശരീരത്തെ സ്വീകരിച്ച് ദേവാംശ സംഭവനായിട്ടാണ് പൂജിക്കുന്നത് ശമന്മാർ വന്നിലേ ഇടപാടുകളൊക്കെ ഉള്ളൂ അത് അദ്ദേഹം പൂജിച്ച് അദ്ദേഹത്തിനെ പ്രയോജനം കിട്ടുകയുള്ളൂ ഇടപാടൊക്കെ നേരിട്ടാണ് എടയാളം പണിയൊന്നുമില്ല അതുകൊണ്ട് നേരിട്ട് പൂജിക്കണം മനസ്സിലായില്ല അത് നിങ്ങളുടെ ഈ മാനവ ശരീരവും അത്രാദി മന്ത്രങ്ങളെ കൊണ്ട് ഓം അത്രായും ഈ മാനവ ശരീരത്തെ അങ്ങ് ദഹിപ്പിക്കണം സങ്കല്പത്തിൽ എന്നിട്ട് മന്ത്രശരീരം കൈക്കൊള്ളണം ആ മന്ത്രശരീരം കൊണ്ട് പ്രതിബന്ധങ്ങളാകുന്ന കൂടുകളെ ഭേദിക്കണം അതിന് നല്ല അറിവുണ്ടായിരുന്നു സത്യങ്ങൾ പറയുമ്പോൾ ദേഷ്യം വരുന്നുണ്ടോ എന്ന് നോക്കുകയായിരുന്നു കാരണം മുപ്പത്തിയേഴ് മുമ്പ് നിങ്ങളുടെ ക്ഷേത്രങ്ങളിലൊക്കെ വൈദികരായിരുന്ന മഹാപണ്ഡിതന്മാർക്ക് മാത്രമേ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ പ്രഥമയായിരുന്നെങ്കിൽ അന്ന് അവരെ മാത്രം എന്തിനാ പ്രവേശിപ്പിച്ചേ ഇപ്പൊ കാണുമ്പോൾ വ്യാഖ്യാനിച്ച് ജനതയെ തെറ്റിദ്ധരിപ്പിക്കരുത് മനസ്സിലായില്ല പിടികിട്ടിയില്ല ശിലയിൽ ദൈവമുണ്ടെന്ന് ഏത് പ്രഥമയിലുള്ളവനാ മനസ്സിലാകുന്നത് അവനറിയാതെ കണ്ടു തോന്നുന്നു അവിടെ പോയിരിക്കുമ്പോൾ ഇത് കല്ലല്ലാന്ന് അറിവിന്റെ ഔന്നത്യത്തിലെത്തിയാൽ മാത്രമേ കല്ലും ഞാനും ഒന്നാണെന്ന് തോന്നുകയുള്ളൂ അവിടെ കല്ലും ഞാനും കണ്ണാടിയും എല്ലാം ഒന്നാവും അതുകൊണ്ടാണ് കണ്ണാടി പ്രതിഷ്ഠു അതുകൊണ്ട് അറിവിന്റെ ഏറ്റവും ഉയരത്തിൽ മാത്രമേ പ്രതീകങ്ങൾക്കും ബിംബങ്ങൾക്കും പ്രസക്തിയുള്ളൂ അതില്ലാത്തവന് പോയാൽ അവിടെ വേടിയും സ്വത്തും നിൽക്കുന്നതിനെപ്പറ്റി ആലോചിക്കും അതുകൊണ്ടാണ് നിങ്ങളുടെ മഹാക്ഷേത്രങ്ങളിന്റെ പടിത്തരങ്ങളനുസരിച്ചുള്ള കാര്യങ്ങളേക്കാൾ കൂടുതൽ ഷോപ്പിംഗ് കോംപ്ലക്സും കമ്മ്യൂണിറ്റി ഹാളും കല്യാണ മണ്ഡപവുമായി വികസിക്കുന്നത് അതിൽ നിന്ന് തന്നെ ഉറപ്പിച്ച് പറയാം ഇത് നിങ്ങൾക്കുള്ളതല്ല എൻ്റെ ബോധത്തിലാണല്ലോ ദൈവം അതെന്റെ ബോധത്തിൽ ജയിച്ച വിഷയം ദൈവം അധികാരി ജിജ്ഞാസു പ്രയോജനം സുഖം അപ്പൊ സുഖം കിട്ടണോ ഇതാ വഴി ആഴമേറും അവിടുത്തെ ആഴമുള്ള ചൈതന്യ സമുദ്രത്തിൽ ആഴിയിൽ ഞങ്ങളാകേ ഒരു ഭേദവും ഇല്ലാതെ ജീവരാശികളൊന്നാകെ തിരിയക്കുകളും സത്യങ്ങളും മനുഷ്യരും എല്ലാം ആഴണം അലിഞ്ഞു ചേരണം ഉപ്പുപാവ കടലിൻ്റെ ആഴമളക്കാൻ പോലെ അലിഞ്ഞു ചേരണം ആഴണം വാഴണം നിത്യം നിത്യവും ആ പരമാനന്ദ സുഖം അനുഭവിക്കണം വാഴണം വാഴണം സുഖം ഇതാണ് ഞാൻ കുറേ ഒരു ലക്ഷ്യമുള്ളത് വേറൊന്നും വേണ്ട ലോകം ഈ ലോകത്തെ എന്തെല്ലാം കിട്ടിയാലും തൃപ്തി വരില്ല ഭഗവാൻ അവിടുത്തെ തൃക്ഷേവടികളെ ഒന്ന് കണ്ടാൽ അവിടുത്തെ നാമമാഹാത്മ്യം ഒന്ന് അറിഞ്ഞാൽ ഇതിന് എന്തറിയാൻ പക്രി അതിന്റെ പരാകാഷ്ടയിലെത്തും സ്തോത്രങ്ങളിൽ ഒന്ന് എന്നോട് പലരും ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് ഞാനത് അല്പം ഒതുങ്ങി നിന്ന് പറഞ്ഞത് സ്വാമിജി എല്ലാത്തോണയും വന്നാൽ ഒരു പുസ്തകം തന്നാൽ തീർക്കാതെ വിടുന്നു പോവും അപ്പോൾ ഇന്ന് ഞാൻ വരുമ്പോൾ എന്നോട് പറഞ്ഞവരോട് ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് തീർത്ത് തരുവാൻ വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട് തീർത്ത് തരുമെന്ന് മാത്രമല്ല നിങ്ങൾ അനുവദിച്ചിട്ടുള്ള സമയത്തിൽ നേരത്തെ തീർക്കുമെന്നും സംശയങ്ങൾ ചോദിക്കാൻ അവസരം തരുമെന്നും വാക്യാൻ കൊടുത്തിട്ടുണ്ട് സമയമുണ്ടെന്നാണ് എൻ്റെ വിശ്വം നാല് മണിക്കിനിയും കൃത്യം മുപ്പത് മിനിറ്റ് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വം അല്ലേ അതേലെയല്ല നിങ്ങളുടെ വാച്ച് അല്ലേ അതുകൊണ്ട് ക്ലാസ്സിനോട് ബന്ധപ്പെട്ടവ ചോദിച്ചാൽ അറിയാവുന്നവ പറഞ്ഞു തരാം അറിയില്ലാത്തവ നിങ്ങളിൽ നിന്ന് കേൾക്കാം അല്ലാത്തവ ചോദിക്കരുതെന്നില്ല അറിയാവുന്നവ ആ സമയത്തിനുള്ളിൽ ഒതുക്കി തീർക്കുകയും ചെയ്യാം നാരായണ ഗുരുദേവന്റെ തൃച്ഛയ വരികളിൽ ഭക്തിപ്രസയപൂർവ്വം ഈ ക്ലാസ്സില് ദൈവദശകത്തെ കുറിച്ച് അവതരിപ്പിച്ച വാക്കുകളാകുന്ന പുഷ്പങ്ങളിലെ നല്ലവ വാടാത്ത മലരുകൾ അർപ്പിക്കുകയും വാടിപ്പോകുമെന്നുള്ളവ നിങ്ങൾ തന്നെ തിരിച്ചിങ്ങ് തമ്മയേക്കിണമേ അവ എന്റേതാണ് ഞാൻ കൊണ്ടുപോയിക്കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് ആ പാതരേണുക്കൽ പതിഞ്ഞ ഈ ഭൂമിയിൽ ജനിച്ചത് തന്നെ പുണ്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അസ്മാധുഷ്യന്മാരായ യോഗികൾ മുൻപേ സഞ്ചരിച്ച ആ മണ്ണിൽ ജനിക്കുവാനും അവരെ സ്മരിക്കുവാനും അവരുടെ പാതരേണുക്കൽ പതിഞ്ഞ മണ്ണിൽ നിന്ന് ഫലങ്ങൾ അശിക്കുവാനും കഴിയുന്ന ഈ പുണ്യജന്മം ഇനിയും ഇനിയും ഉണ്ടായാലും അതുപോലും മോക്ഷദായകമാണെന്ന് അറിയുമെന്നുകൊണ്ട് മോക്ഷത്തിനുള്ള തുരുക്കമൊന്നുമില്ലാതെ നിങ്ങളുടെ പാദങ്ങളിൽ ഭക്തിപ്രസയപൂർവ്വം പ്രണമിക്കുവാൻ ആവും വിധത്തിൽ ബുദ്ധിയും മനസ്സുമൊക്കെ എന്നും നിർത്തി തന്നാലും ഭഗവാനെ എന്ന് ആ ഗുരുപാദങ്ങളിൽ പ്രണമിപ്പിച്ചു പ്രണമിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ വല്ലതും ചോദിക്കാം ബാക്കി സമയം നമുക്ക് ഉപയോഗിക്കാം ഏത് കർമ്മങ്ങളുടെ ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടതെന്ന് തീർച്ചയായും ചെയ്യാതിരിക്കാൻ പറ്റും അനുഭവിക്കുന്ന രണ്ടു തരത്തിലാണ് കർമ്മവാസനകൾ രണ്ടു തരത്തിൽ അനുഭവിക്കാം ഒന്ന് താൻ മാത്രം അനുഭവിച്ചാൽ മതി എന്നുള്ളതാണ് തന്റെ സൂക്ഷ്മ ശരീരത്തിൽ വെച്ച് അനുഭവിക്കാം സമഷ്ടിയെ ചേർത്ത് അനുഭവിക്കേണ്ടവയും അവരുമായി പങ്കുവെക്കാതെക്കേണ്ടതായ സ്ഥൂലഭാവങ്ങളിലേക്ക് വികസിച്ചിട്ടില്ലെങ്കിൽ അവരെയും തൻ്റെ സൂക്ഷ്മ ശരീരത്തിൽ സൃഷ്ടിച്ച് അവരുമായി ചേർന്ന് അനുഭവിക്കാം സ്വപ്നത്തില് അതാണല്ലോ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ വിവാഹം കഴിച്ച ഭർത്താവ് കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും തൻ്റെ വാസനകളിൽ കിടക്കുന്ന ഭർത്താവ് മറ്റൊരാളായാൽ തൻ്റെ വാസനകളിലെ മക്കൾ ഇവരല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ സുശുദ്ധിയോട് ചേർന്ന് നിന്ന് ആയിരം മക്കളെ മനസ്സായി സൃഷ്ടിച്ച് നിങ്ങൾക്ക് അവരെ തൻ്റെ സ്വപ്നത്തിലെ മക്കളെ താലൊളിച്ച് കഴിഞ്ഞു വരുന്നത് കൂടെയിരിക്കുന്ന മക്കളോട് അഹിതമില്ലാതെ അവരോട് പെരുമാറാം സ്വപ്നത്തിലെ ഭർത്താവിനോടൊപ്പം രമിച്ച് കഴിഞ്ഞ് ഇയാളെ കാണുമ്പോൾ ചിരി കാരണം ഇയാളെ കേളത്ര കേമൻ്റെ കൂടെയാണ് ഞാൻ ഇന്നലെ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് ഈ ശുംഭൻ മോശമാണെങ്കിൽ എന്താ കഴിക്കുക കഞ്ഞി അയാൾക്ക് വിളമ്പി കൊടുക്കുന്ന പോലെ കൊടുക്കാം മനസ്സിലായില്ല അതുകൊണ്ട് വാസനകൾ അനുഭവിക്കുന്നതിന് വേണ്ടി ഈ തീരത്തെ മുഴുവൻ ജാഗ്രത്തിൽ തന്നെ രൂപപ്പെടുത്തിക്കൊള്ളണമെന്നില്ല സ്വപ്നത്തിൽ ധാരാളമുണ്ട് എന്നാൽ സമഷ്ടിയിലെ വസ്തുവകകളോടും വ്യക്തികളോടും സ്ഥൂരമായി ചേർന്നുള്ള ഭാവങ്ങൾ അവർക്കും നമുക്കും കോമണായുണ്ടെങ്കിൽ ജാഗ്രതത്തിൻ്റെ തലത്തിലല്ലാതെ പ്രാരബ്ധങ്ങൾ നീങ്ങുകയുന്നില്ല ഇത് സ്വപ്നവും ജാഗ്രത്തും വഴിയാണ് അന്യതാഗ്രഹണത്തിന്റെ വാർത്തനകൾ അടങ്ങാൻ സ്വപ്നത്തിൽ കാണുന്നതിന് വേണ്ടി ജന്മനിൽ അവിടെ തീരുകയാണ് അതിൻ്റെ പേരിൽ ചെന്നല്ല ജാഗ്രത്തിൽ ഇരുന്ന് ഉണ്ടാക്കുന്ന സ്വപ്നങ്ങൾ കാഠിന്യമുള്ളവയാണെങ്കിൽ ചിലപ്പോൾ സഞ്ചയിച്ച് ഉണ്ടാക്കുന്നുണ്ടാവും സഞ്ചിതങ്ങളെ അറിവുകൊണ്ടില്ലാതാക്കാം ആകന്തുകങ്ങളെയും അറിവ് കൊണ്ടില്ലാതാക്കാം പ്രാരബ്ധങ്ങളാകട്ടെ എതിർച്ഛയാ വരുന്നവയാണ് അവ നമ്മുടെ അറിവിന് തടസ്സവുമല്ല പ്രാരബ്ധം ഒരുത്തനും ക്ലേശമുണ്ടാക്കില്ല ക്ലേശം ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഉണ്ടാക്കുന്ന മുമ്പില്ലാത്തതും മുമ്പുള്ളതും കലർത്തിയ കർമ്മങ്ങളിലാണ് സ്വധർമ്മമാണ് എങ്കിൽ അത് ക്ലേശമേ ഉണ്ടാക്കില്ല കർമ്മമതാണ് നിങ്ങളിപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങൾ ക്ലേശം തരുന്നുണ്ടോ നിങ്ങളുടെ അല്ലത് ചെയ്യരുത് കർമ്മത്തിനൊരു വഴിയുണ്ട് കർമ്മത്തിൻ്റെ ഊടുപാതെ തരുക യാതൊരു ക്ലേശവും ശാരീരിക ക്ഷീണവും ബുദ്ധിമുട്ടുകളും ഒന്നും നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ ചെയ്യുന്ന കർമ്മവേളയിൽ ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ കർമ്മമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അല്ല അതിനി ആര് ചെയ്യും എങ്ങനെ ചെയ്യും ചിന്തിക്കേണ്ട ഇട്ട് വേറെ പണി നോക്കിയാൽ മതി നിങ്ങളെ അതിനുവേണ്ടി ഉണ്ടാക്കിയതല്ല ആരുമില്ലെങ്കിൽ ആ കർമ്മം വേണ്ടതുമല്ല വിധിക്കേണ്ട വിധിക്കാത്ത കർമ്മം ഈ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് ചെയ്യേണ്ടതായി വരും അതിന്റെ കാരണം വെച്ചാൽ അവന് കർമ്മവും കർമ്മത്തിന്റെ ഫലവും കർമ്മത്തിന്റെ വേളയിലെ ആനന്ദവുമല്ല ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഏതോ ധനമാണ് അവന്റെ ലക്ഷ്യം അതുകൊണ്ട് ചെയ്യേണ്ടി വരും നിങ്ങളെല്ലാം കർമ്മത്തിനകത്ത് പോകുന്നത് അതിൽ നിന്നെങ്കി ധനത്തെ കരുതിയ ആ ധനമാകട്ടെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയില്ല കുറച്ചിലായോ ായോ രണ്ടുപേരോട് കൂടി തുറന്നു വരേണ്ടത് ചെയ്യുന്നു ഉണ്ടാവണമെന്നില്ല യക്ഷ ഉപപന്നമാകുന്ന കർമ്മങ്ങൾ കർമ്മങ്ങൾ മൂന്ന് ഒന്ന് സ്വേച്ഛാ പ്രാരബ്ധ കർമ്മങ്ങൾ അവയിൽ അഹന്തയുണ്ട് അവ ദുഃഖത്തെ ഉണ്ടാക്കും അവയില് അഹങ്കാരം ഉണ്ടാവും അവ മറ്റുള്ളവനെ പേടിപ്പിക്കുകയും ചെയ്യും രണ്ട് പരേക്ഷാപ്രാരങ്ങൾ അത് നമുക്ക് ആ ഒരു താല്പര്യം ഉണ്ടായിട്ടല്ല ആ പ്രത്യേക അവസ്ഥയിൽ നമ്മൾ പ്രാർത്ഥിക്കാതെ മറ്റൊരു തന്റെ ആവശ്യത്തിന് ചെയ്യുന്നതാണ് അതെവിടം വരെ അവൻ ആവശ്യമുണ്ടോ അവിടെ വെച്ച് തീർന്നു അതിന്റെ ഒന്നും നമ്മളിൽ വന്നുകൊണ്ട് പോകുന്നില്ല അത് ആരംഭിക്കുമ്പോൾ തന്നെ അവസാനിക്കുന്നതുമാണ് മനസ്സിലായില്ല എവിടെയാണത് ആരംഭിച്ചത് അവസാനിച്ചെടുത്ത് എവിടെയാണ് അവസാനിച്ചത് ആരംഭിച്ചിടത്ത് മനസ്സിലായില്ല ഞാൻ ആ കർമ്മം ആരംഭിക്കുമ്പോൾ തന്നെ ഞാനില്ല അവന്റെ ആവശ്യം ഞാനത് ചെയ്തു ഞാൻ ചെയ്തു എനിക്കിപ്പോഴും തോന്നുന്നില്ല അവൻ പറയാണ് നിങ്ങളാ എനിക്ക് ചെയ്തെന്നോ എനിക്ക് ചിരി വരും കാരണം ഞാൻ ഒന്നും ചെയ്യാതെ സംഭവിച്ചതാണ് എന്നെ ആരും എടുത്തുകൊണ്ട് പോയതുപോലെ പോയതാണ് അത് പരേക്ഷ പരേക്ഷ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് ഒരു കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു നീ പഠിക്കണം വലുതാവണം നീ ഇന്നത് പഠിക്കണം അച്ഛൻ പറഞ്ഞു പഠിക്കാൻ പോയിരിക്കുന്നു അടിച്ച് പഠിച്ച് പഠിക്കുന്നു മാത്രം ഇഷ്ടം അച്ഛന്റെ പേരിലോട്ട് കൊണ്ട് കൊടുക്കണം അച്ഛനെ ഭയങ്കര സന്തോഷമായി കാരണം വെച്ചാൽ നമ്മൾ പറഞ്ഞ പോലെ ഒന്ന് പഠിക്കാം അങ്ങനെ പോകുന്നതിനെ ശ്രൂഷിക്കേണ്ടതന്നേ ഉള്ളൂ കൂട്ടുകാരന്റെ ഇച്ഛയിൽ പോയാൽ ഇത് കിട്ടുകയില്ല ഇപ്പൊ പരീക്ഷയിൽ പഠിക്കാം അങ്ങനെ പഠിച്ചു വന്നു കഴിയുമ്പോൾ പഠിച്ചൊക്കെ നല്ലൊരു ഓർമ്മ ഉണ്ടാവും നമുക്ക് വേണ്ടി ഒരു പരിപാടി അവിടെ മാത്രമേ ഉള്ളൂ പകുതി അച്ഛനു വേണ്ടിയാണ് പഠിപ്പം കഴിഞ്ഞു ആദ്യം പോലെ പഠിച്ചത് നല്ല ഓർമ്മയാണ് ജീവിതത്തിന്റെ ഏത് വഴിക്ക് തിരിഞ്ഞാലും ഉയരങ്ങളല്ല ഇപ്പൊ അപ്പൊ വേണ്ടിയാണ് അയാൾക്ക് ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല സമാജം അങ്ങോട്ട് പോകാൻ അങ്ങോട്ട് ഇങ്ങോട്ട് പോവാൻ പറഞ്ഞു ഇങ്ങോട്ട് സ്വന്തമായി യാതൊരു ഇച്ഛയില്ല ഈ ശരീരം എങ്ങനെയോ അതെല്ലാം ഭഗവാനെ മഹാദേവ അങ്ങയുടെ പൂജയ്ക്കാണ് ആരെന്താവശ്യപ്പെടുന്നു അതിനെ പറ്റുന്നിടത്തുള്ള ഒരു ശരീരം കൊണ്ട് പിടി ഇത് പരേക്ഷാപ്രാരം ഇതും കുറച്ച് സ്വേച്ഛയുണ്ട് കാരണം എനിക്ക് പ്രിയമുണ്ട് അതിനകത്ത് എൻ്റെ അച്ഛൻ സമാജമൊക്കെ ചു കണ്ട് അനിച്ഛാപ്രാരബ്ധി യാതൊരു ആരും പറഞ്ഞിട്ടുമില്ല സമയം വന്നപ്പോൾ ചെയ്യുക ഒരാവശ്യം വന്നു ഞാൻ ചെയ്തു നിങ്ങൾ ചെയ്യാനുണ്ടോ കൊണ്ടോ ചെയ്തോളൂ ഈ ആരും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിത് നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ വിരിക്കുമെന്ന് എനിക്കറിയാം വരട്ടെ അവിടെ വഴക്കില്ല അങ്ങനെയുള്ളവൻ എവിടെ പോയി നിൽക്കാം മനസ്സിലായെന്നറിയില്ല അവനിൽ ഓട്ട് കൂരൊന്നും ഉണ്ടാക്കണ്ട സ്വേച്ഛയുള്ളവന് സ്വന്തമായി ഉണ്ടാക്കണം പരീക്ഷയുള്ളവനെ ചേർന്ന് പോകാൻ പഠിക്കണം അനുച്ഛയുള്ളവനൊന്നും പഠിക്കണ്ട നിയമങ്ങളില്ല എവിടെയും പോയി എന്തും ചെയ്ത് പോകാം കാരണം അവൻ ചെയ്യുന്നതെല്ലാം സൂപ്പർ ആയിരിക്കും ഇത് മൂന്നെണ്ണമുള്ളൂ അപ്പൊ കർമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠം ഈ അനിച്ഛയാണ് ഇതിന് മൂന്ന് തരം ആഹാര നിയന്ത്രണം ഭരിക്കണം നിരാഹാരത ഒന്ന് ആഹാരത്തിൽ നിന്ന് അത്യന്തം അകലെ രണ്ട് ആഹാരത്തിൻ്റെ അടുത്ത് കഴിക്കാതെ അടുത്ത് കഴിക്കാതെ മൂന്ന് അപേക്ഷാബുദ്ധിയും ഒന്ന് ആഹാരത്തിൽ നിന്ന് അത്യന്തം ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവുമാകുന്ന ഈ പ്രപഞ്ചം അനുഭവിക്കാതെ വനത്തിൽ വനമെന്ന് പറഞ്ഞാൽ സംഭക്തൃതമായ മനസ് വനസമ്പൃതവും വനനീയം സംഭജനീയം തന്റെ മനസ്സിലേക്ക് അകത്തേക്ക് നോക്കി അന്തർമുഖനായിരിക്കുക ഒന്നും കാണുന്നില്ല ഒന്നും കേൾക്കുന്നില്ല ഒന്നുമില്ല നിങ്ങൾ കണ്ടില്ലേ ഞാൻ നോക്കില്ല നിങ്ങളുടെ അടുത്തായിട്ട് ആവോ അടുത്താണോ അകലെയാണോ ഞാൻ കണ്ടു കണ്ടില്ല എന്ന് പറയുന്നത് ഭൗതികമായി തന്നെ അല്ല കണ്ടിട്ട് കാണാത്ത പോലല്ല അതാണ് അകലെ അത്യന്തം അകല പണിന് പറയും വനസംഭക്കതവും വനനീയം സംഭജനീയം രണ്ട് അതിന്റെ അടുത്ത് ഓരം ചേർന്നിരിപ്പുണ്ട് എല്ലാം ഉണ്ടാക്കി കൊടുക്കും ഭർത്താവിനും പിള്ളേർക്കൊക്കെ നല്ല മീൻകറി നല്ല മാംസമൊക്കെ ഒഴിച്ച് നല്ല പച്ചക്കറികളൊക്കെ കഴിച്ചു കൊടുക്കും ഇതൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുത്താലും അവൾ കഴിക്കുക സ്ട്രിക് തെറി ഞാനൊന്നും ഉണ്ടാക്കി തരില്ല ഞാൻ കഴിക്കാത്തതൊന്നും നിങ്ങളും കഴിക്കണ്ട അന്നല്ല കഴിച്ചു നക്ഷ നോക്കണ്ട മണത്ത് നോക്കണ്ട അയാളുടെ രുചിയിലുണ്ടാക്കി തരും രണ്ട് ദിവസം കഴിയുമ്പോൾ അയ്യത് കഴിക്കാൻ വരുന്നതും മനസ്സിലായില്ല രണ്ട് ദിവസം കഴിയുമ്പോൾ അയലുറയും ഇനി ഇതാനം വേണ്ടാന്നുള്ളത് കാരണം ചില സൂപ്പർ രുചിയിൽ കഴിക്കാനുള്ള കഴിച്ചു ഇനി ഇത് കഴിക്കാൻ പറ്റിയല്ല ഇനി നീ കഴിക്കാത്തൊന്നും എനിക്ക് വേണ്ട ഇങ്ങനൊരു പ്രയോഗം ഇതാണ് അതിൻ്റെ അടുത്തം നമ്മൾ ആഹരിക്കുന്നില്ല ശബ്ദവും സ്പർശവും രൂപവും രസവും ബന്ധവും നമ്മൾ ആഹരിക്കുന്നില്ല ബാക്കിയുള്ളവർ ആഹരിക്കുന്നതിനെല്ലാം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു ഇഷ്യുമാരിൽ ചിലർ എങ്ങനെയാണ് വസിഷ്ഠൻ മുതലായവർ രാജാക്കന്മാർ വന്നാൽ ഒരു രാജകൊട്ടാരം തന്നെ അവിടെയുണ്ട് രാജാവിൻ്റെ കൊട്ടാരത്തേക്കാൾ വലിയ കൊട്ടാരം അവിടെയുണ്ട് അവരനുഭവിച്ചതിനേക്കാൾ കൂടിയ സുഖഭോഗങ്ങളെല്ലാം ഉണ്ട് പക്ഷേ ഇഷു ഇതൊന്നും അനുഭവിക്കാറില്ല ക്ലിയറായി ഇതാണ് ആഹാരത്തിൻ്റെ അടുക്കൽ കഴിക്കാതെ ഇതിനെ നല്ല കഴിവുള്ളവനെ പറ്റുകയുള്ളൂ ഇന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മൂന്നാമനുണ്ട് കഴിച്ചിട്ടും കഴിക്കാത്തവനെ പോലെ അതാണ് അപേക്ഷ ബുദ്ധിയും കൊടുത്തു കണ്ടോ നീച്ച കണ്ടു എന്നാ കണ്ടോ കണ്ടില്ല അടുക്കൽ ഗോപാങ്കനമാരിയെന്നു പലരും പുഷ്പവും പലഹാരവും ഒക്കെ ആയിട്ടാണ് ഇനി ഭഗവാനെ ഇതൊക്കെ സ്വീകരിക്കണം ഇതാണ് നദിയുടെ അക്കരെ ദുർവാസാവ് പട്ടിണിയാണ് അത് അങ്ങനെ കുറേനാരായവിടെ ഇരിക്കുന്നതൊക്കെ കൊണ്ട് എവിടെയൊന്നും കൊടുക്കാൻ പറഞ്ഞു ഒരുപോലെ നദിയുടെ കരയ്ക്ക് എന്നു നല്ല കുലംബത്തി ഒഴി എന്ന് മറിയാണ് തിരിച്ചു പറഞ്ഞാൽ ഭഗവാൻ ഒരു രക്ഷയില്ല മതി ഭയങ്കര ഒഴുക്കാണ് ഒരു രക്ഷയില്ല അപ്പുറം കിടക്കാൻ തോണിയില്ല തരല്ല അവിടെ ചെന്നു പറയാ നിത്യബ്രഹ്മചാരിയായ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് പറയുന്നു വഴിമാറിത്തരാൻ രാധയും ഗോപാങ്കരന്മാരും ഒക്കെ പരസ്പരവും നോക്കി ഇന്നലെ രാത്രി എൻ്റെ കൂടെ എൻ്റെ കൂടെ എന്റെ കൂടെ ഇവൻ നിത്യബ്രഹ്മചാരി ആണ് ഏ അത് ശരിയാവുമെന്ന് തോന്നില്ല സംശയമെന്ന് വേണ്ട പോയി പറയുന്നു പോയി നേരെ അവിടെ ചെന്നു നിത്യബ്രഹ്മചാരിയായ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് പറയുന്നു നദി വഴിമാറാൻ പിടി നദി വഴിമാറി നദി അക്കരെ കയറി അവിടെ കൊണ്ടുപോയി എല്ലാം കൂടെ വെച്ചു കൊടുത്തു ദുർവാസാവ് എല്ലായിരിക്കും ഗിറ്റായി കാരണം ഈ വെള്ള പാത്രത്തിനകത്തുള്ള മുഴുവൻ ഇയാളൊറ്റയ്ക്ക് അടിച്ചു എല്ലായിടിച്ചും ഗിറ്റായി പാത്രവും പഠിച്ചു പാത്രം കൈ കൊടുത്തു തിരിച്ചു പോരാൻ നേരത്തെ ഒരു രണ്ടും നദി നോക്കിയിട്ട് പറഞ്ഞു മഷൂർ നദി നിരാഹാരിയായ ദുർവാസാവ് പറയുന്നു കഴിമാറാൻ പോണാൽ പോകട്ടും പോണ നദി വഴിമാറി ഇതാണ് അപേക്ഷാ ബുദ്ധിയും ഇത് സൂപ്പർ നമുക്കൊന്നും പെട്ടെന്ന് പറ്റൂല ഇങ്ങനെ മൂന്നാണ് വഴി നിരാഹാരതയ്ക്ക് ഇതിൽ ഏഴ് തെരഞ്ഞെടുക്കണം അത് നിങ്ങൾ തീരുമാനിക്കുക മൂന്നാമതാണ് ഉഗ്രൻ പക്ഷെ നമ്മൾ കഴിച്ചിട്ട് വഴി നദി വഴി മാറുകയല്ല കഴിക്കലേ നടക്കുള്ളൂ മനസ്സിലായോന്നറിയില്ല ഇങ്ങനെ മൂന്ന് തരത്തിലുണ്ട് ഇതിൽ ഏഴ് വേണം തീരുമാനിച്ചു മൂന്നാമതാണ് സൂപ്പർ അത് കേൾക്കുമ്പോ മനസ്സിലായത്